അള്ളാഹുസുബാനഹൂവച്ച ആല അനുഗ്രഹിച്ച ഭയപ്പെടുന്നവരിൽപ്പെട്ട രണ്ടു പുരുഷന്മാർ പറഞ്ഞു നിങ്ങൾ അവരുടെ വാതിലിലൂടെ പ്രവേശിക്കുക നിങ്ങൾ അവിടെ പ്രവേശിച്ചാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുസുബഹാനഹൂവച്ച ആലായിൽ ഭരമേൽപ്പിക്കുക